ദൈവനാമത്തിന് മഹത്വം പ്രിയമുള്ളവരെ നമുക്ക് ഈ വെള്ളിയാഴ്ചയും ദൈവസന്നിധിയിൽ ഒന്നിച്ച് കൂടാനായിട്ട് ദൈവം ഇടയാക്കിയല്ലോ നമ്മൾ വെള്ളിയാഴ്ച കൂടുമ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ സാഹ്ബാറിൻ്റെ ഒരു പുസ്തകം ഗോഡ്സ് വർക്ക് ഡൺ ഇൻ ഗോഡ്സ് വേ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ ചെയ്യുക എന്ന പുതിയ പുസ്തകമാണ് നമ്മൾ ബൈബിൾ സ്റ്റഡിക്ക് ആധാരമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മളതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുകയായിരുന്നല്ലോ ഇന്ന് നമ്മൾ പറയുന്നത് അതിൻ്റെ മൂന്നാമധ്യായത്തിൽ നിന്നാണ് അതായത് നമ്മളെ ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെതായ വിധത്തിൽ നൂറ് ശതമാനം ചെയ്ത ഒരേ ഒരാളാണുള്ളത് അത് കർത്താവായ യേശു ക്രിസ്തുവാണ് അവിടെ നീ വന്നു അവിടെ നീ ഭൂമിയിൽ വന്ന് ജീവിച്ചു മനുഷ്യനായി ജീവിച്ചു ജീവിച്ച് അവിടുന്ന് ദൈവത്തിൻ്റെതായ പ്രവൃത്തിയെല്ലാം പിതാവ് തന്നെ പിതാവിൻ്റെ ഹിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പിതാവ് ആഗ്രഹിക്കുന്നതുപോലെ ചെയ്ത് പൂർത്തിയാക്കി കടന്നുപോയ കർത്താവായി യേശു ആ യേശുവാണ് സത്യത്തിൽ നമുക്കും ഇന്ന ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കും മാതൃകയായിട്ടുള്ളത് കർത്താവായി യേശു ഈ മനുഷ്യാവസ് അവ ഈ ഭൂമിയിലെ മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മളെ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചു പോകാനോ ദൈവപ്രവൃത്തി പൂർത്തിയാക്കാനോ കഴിയാതെ പോകും എന്നാണ് ഈ അധ്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രിയപ്പെട്ടവര് കർത്താവായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു അവിടുന്ന് വന്നതെന്തിനാണ് എന്ന് സാധാരണ സുവിശേഷ വിഹിത സഭകളിലെ ആളുകളോട് ചോദിച്ചാൽ അവിടുന്ന് കാൽവരക്രൂശിൽ മരിച്ച് രക്ഷണപ്രവൃത്തി പൂർത്തിയാക്കാനായിട്ടാണ് വന്നത് എന്ന് മാത്രമാണ് പറയാറുള്ളത് എന്നാൽ ദൈവോചനം നമ്മൾ സസൂക്ഷ്മം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കർത്താവ് വന്നത് പറഞ്ഞതുപോലെ അവർ പറഞ്ഞതുപോലെ കാൽവരക്രൂശിലെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് മരിച്ച് ആ രക്ഷണപ്രവൃത്തി മാനവരാശിക്ക് വേണ്ടി പൂർത്തിയാക്കാനായിട്ട് തന്നെയാണ് കർത്താവ് വന്നത് എന്നാൽ അതുമാത്രമല്ലായിരുന്നു കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ ആ ലക്ഷ്യം മറിച്ച് താനെ മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ നമ്മളേതുപോലെ ഒരു മധ്യപൗരസ്ത്യദേശത്ത് നമ്മൾ പൗരസ്ത്യദേശത്ത് താമസിക്കുന്നു മധ്യപൗരദേശത്ത് പലസ്തീനിലുള്ള ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ മകനായിട്ട് സഹോദരങ്ങൾ ഒക്കെയുള്ള സഹോദരിമാരൊക്കെയുള്ള ഒരു കുടുംബത്തിൽ താനെ ജനിച്ച് വളർന്ന് ഒരു സെക്കുലറായ ജോലി ചെയ്ത് അതിനുശേഷം ഒടുവിലത്തെ ചില വർഷങ്ങളെ പരശുശുശ്രൂഷയൊക്കെ ചെയ്ത് ഒരു മുപ്പത്തി മൂന്നര വർഷം ആ നിലയിൽ ജീവിച്ചത് നമുക്ക് ഇന്ന് ഭൂമിയിൽ ജീവിക്കാൻ ഒരു മാതൃകയും നമുക്കൊരു മുന്നോടിയുമായിട്ടാണ് എന്നുള്ള കാര്യം കൂടെ കർത്താവ് നമുക്ക് മാതൃകയാണ് ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ കർത്താവ് നമുക്ക് മുന്നോടിയാണ് എന്ന കാര്യം കൂടെ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് കർത്താവ് ഭൂമിയിൽ വന്നതിൻ്റെ പ്രയോജനം അത്രത്തോളം പൂർണ്ണമായിട്ട് എടുക്കാനായിട്ട് കഴിയാതെ പോകും കർത്താവ് കാൽവറി കൃഷിയിൽ മരിച്ചു ഊ അതുകൊണ്ട് നമ്മളെ രക്ഷിക്കപ്പെട്ടു കർത്താവിൻ്റെ ആ രക്ഷണീ പ്രവൃത്തിയുടെ ഭാഗമായി നമ്മളും നമ്മുടെ മരണശേഷം സ്വർഗത്തിൽ പോകും ഇതൊക്കെ ശരിയാണെന്നാൽ ഇന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ കർത്താവിനെ ഒരു മാതൃകയാക്കാനായിട്ടുടേ ദൈവോചനം ആ നിലയിൽ ഉദ്ദേശിച്ചിരിക്കുന്നു ദൈവോചനം അതിനുവേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചത് ഈ ഒരു സാധ്യത ഇത് നമ്മൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത്രത്തോളം കുറവ് അത്രത്തോളം പോരായ്മ അനുഭവപ്പെടും കർത്താവ് ഭൂമിയിൽ വന്നതിനെക്കുറിച്ച് ഫിലിപ്പിയർക്ക് എഴുതിയ രണ്ടാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നല്ലോ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി ഒഴിച്ചു അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴ് അവിടുന്ന് ദൈവത്വത്തിൻ്റെതായ അവകാശങ്ങൾ പലതും ഉരിഞ്ഞു വെച്ച് ഒരു മനുഷ്യനെ പോലെ തന്നെ ജീവിച്ച് നമുക്ക് മാതൃകയായിട്ട് നമുക്ക് മുന്നോടിയായിട്ട് കർത്താവ് ജീവിച്ചു പോകുന്ന ചരിത്രമാണ് നമ്മൾ നാല് സുവിശേഷങ്ങളിലാണ് വായിക്കുന്നത് ഇവിടെ വായിക്കുമ്പോൾ കർത്താവ് ഫിലിപ്പ്യർക്കെഴിതി ലേനും രണ്ടാമധ്യായം ആറ് ഏഴ് വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവൻ അവിടുന്ന് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദൈവത്വത്തിൻ്റെതായ പല കാര്യങ്ങൾ താനെ വേണ്ടെന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു അതൊക്കെ ഉരിഞ്ഞു വെച്ചു ആ ദൈവത്വത്തിൻ്റെതായ പല ആ നിലയിലുള്ള പ്രിവിലേജസ് കർത്താവ് ഉരിഞ്ഞു വെച്ചു ഉരിഞ്ഞു വച്ചെങ്കിലും കർത്താവ് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുത്തെ വ്യക്തിത്വത്തിൽ കർത്താവ് ദൈവമായിരുന്നു ഇതാണ് നമ്മളിൽ നിന്നുള്ള ഒരു വ്യത്യാസം അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് തൻ്റെ വ്യക്തിത്വത്തിൽ ദൈവമായിരുന്നു എങ്ങനെയാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് സുവിശേഷങ്ങളിൽ ഏഴിടത്തെങ്കിലും കർത്താവായി യേശു ക്രിസ്തു ആരാധന സ്വീകരിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മത്തായി എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഇൻ്റെ രണ്ടാമത്തെ വാക്യം ഒൻപതിൻ്റെ പതിനെട്ട് പതിനാലിൻ്റെ മുപ്പത്തിമൂന്ന് പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ഇരുപതിൻ്റെ ഇരുപത് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ആറാമത്തെ വാക്യം യോഹന്യാൻ ഒൻപതിൻ്റെ മുപ്പത്തെട്ട് എന്നീ ഭാഗങ്ങളിൽ കർത്താവായി യേശു മനുഷ്യരുടെ ആരാധന സ്വീകരിച്ചതായിട്ട് കാണുന്നുണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന് അവനെ നമസ്കരിച്ചു എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് വർഷിപ്ഡ് വർഷിപ് ആരാധന ദൈവത്തിന് മാത്രമേ സ്വീകരിക്കാൻ കഴിയുള്ളൂ യോഹന്നാൻ ഒരു ദൂതനെ ആരാധിക്കാൻ ശ്രമിച്ചിട്ട് ദൂതൻ പറഞ്ഞു എന്നെ ആരാധിക്കരുതെന്ന് പറഞ്ഞു എന്നാൽ യേശു ക്രിസ്തുവിനെ ഈ ഏഴിടത്ത് ആളുകൾ ആരാധിച്ചപ്പോൾ യേശു പറഞ്ഞില്ല എന്നെ ആരാധിക്കണ്ട എന്ന് പറഞ്ഞില്ല കാരണം എന്താ അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോഴും അവിടുന്ന് ദൈവം തന്നെയായിരുന്നു ഈ വാക്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ് ഏഴ് ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് അതിൽ അഞ്ച് ഭാഗങ്ങളും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് മത്തായി എട്ടിൻ്റെ രണ്ട് ഒൻപതിൻ്റെ പതിനെട്ട് പതിനാലിൻ്റെ മുപ്പത്തിമൂന്ന് പതിനഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ഇരുപതിൻ്റെ ഇരുപത് അഞ്ച് ഭാഗങ്ങൾ മർക്കോസ് അഞ്ചിൻ്റെ ആറ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം ഒൻപതിൻ്റെ മുപ്പത്തെട്ട് എന്നീ ഭാഗങ്ങളിലാണ് യേശു ആരാധന സ്വീകരിച്ചു എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അപ്പം അവിടുന്ന് ദൈവമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ അവിടുന്ന് എന്തു ചെയ്തു അവിടുന്ന് ആ ചില പദവികൾ ഉരിഞ്ഞുവെച്ചു അതിൽ പ്രധാനപ്പെട്ടത് ദൈവത്തെ ദോഷങ്ങളാൽ അവിടുന്ന് ദൈവത്തെ പരീക്ഷിക്കാനായിട്ട് കഴിയുകയില്ല എന്നാൽ യേശു എന്തു ചെയ്തു യേശു താൻ തന്നെ ആ നിലയിൽ നമുക്ക് മാതൃകയാകാൻ വേണ്ടി നമുക്കൊരു മുന്നോടിയാകാൻ വേണ്ടി നമുക്ക് നമുക്ക് മുമ്പിൽ പോകാൻ വേണ്ടി നമ്മളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി അവിടെ നിന്ന് എന്തു ചെയ്തു ആ ദൈവത്വത്തിൻ്റെ ആ അവകാശം ഒരുങ്ങിവയ്ക്കുകയും താന് പരീക്ഷിക്കപ്പെടുകയും ചെയ്തു പരീക്ഷിക്കപ്പെടുമ്പോഴെപ്പോഴും എന്താ സംഭവിക്കുന്നത് ഓരോ പരീക്ഷയിലും നമ്മൾ നേരിടുന്നത് നമ്മൾ ദൈവ ചെയ്യുമോ അതോ സ്വന്തം ഇഷ്ടം ചെയ്യുമോ എന്നുള്ളതാണ് ഓരോ പരീക്ഷയിലും നമ്മൾ നേരിടുന്ന അടിസ്ഥാന പ്രശ്നം കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചും ആ അവിടുത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരീക്ഷ വന്നതായിട്ടാണ് നമ്മളെ കാണുന്നത് കർത്താവ് തന ഗസമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ച ആ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറയുന്നു പിതാവേ കഴിയുമെങ്കിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് നീ ഇച്ഛിക്കുന്നത് പോലെ ആകട്ടെ മത്തായിയുടെ സുശേഷം ഇരുപത്തി ആറിൻ്റെ മുപ്പത്തൊൻപത് നാൽപ്പത്തിരണ്ട് വാക്യങ്ങളാണ് വായിച്ചത് അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്നുള്ളതാണ് എന്നാൽ നിൻ്റെ ഇഷ്ടം അത് മറിച്ചാണെങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞ് താൻ അതിന് മുമ്പാകെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും പരീക്ഷകൾ വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ സ്വന്തം ഇഷ്ടം ചെയ്യും അല്ലെങ്കിൽ ദൈവ ഇഷ്ടത്തിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും ഈ ഒരു കാര്യം നമുക്ക് തുല്യനാകാൻ വേണ്ടി യേശു എന്തു ചെയ്തു യേശു താന് അങ്ങനെ തന്നെ പരീക്ഷിക്കപ്പെടാനായിട്ട് താൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു ഏർ ഏൽപ്പിച്ചു കൊടുത്തു താൻ ആ പദവി ഉരിഞ്ഞു വെച്ചു എന്നാണ് നമ്മളെ കാണുന്നത് നമ്മൾ എബ്രെഴുതിയ ലേഖനത്തിലെ നാലാം അധ്യായത്തിലെ വളരെ പ്രശസ്തമായ വാക്യം നമുക്കറിയാമല്ലോ അവിടെ കർത്താവ് പറയുന്നത് കർത്താവിനെ പറയുന്നത് നാലിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല അവിടുന്ന് സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു അപ്പോൾ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശുവിനും ആ പരീക്ഷ വളരെ യാഥാർത്ഥ്യമായിരുന്നു അവിടുന്ന് നമ്മളിവിടെ ഗസമനത്തോട്ടത്തിലെ ആ വിവരത്തിൽ വായിച്ചതുപോലെ തനിക്ക് ഒന്നെങ്കിൽ സ്വന്തം ഇഷ്ടം ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാമായിരുന്നു ഇതേ പരീക്ഷയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് ഈ പരീക്ഷ ഉണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷേ പരീക്ഷ കർത്താവ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും മുപ്പത്തി മൂന്നര വർഷത്തിൽ ഒരിക്കൽ പോലും മനസ്സുകൊണ്ട് പോലും സ്വന്തം ഇഷ്ടം അത് നടപ്പാകാനായിട്ട് താൻ മുന്നോട്ട് പോയില്ല മറിച്ച് ഓരോ സമയത്തും തൻ്റെ ഇഷ്ടത്തെ പിതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഒരിക്കൽ പോലും പാപം ചെയ്തില്ല നമ്മളിവിടെ വായിക്കുന്ന ആ വാക്യം എബ്രായർ നാലിൻ്റെ പതിനഞ്ച് ഇംഗ്ലീഷിൽ നമുക്കറിയാം നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല അവിടുന്ന് നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവിടുന്ന് പാപം ചെയ്തില്ല അവിടുന്ന് എങ്ങനെയായിരുന്നു പാപം ചെയ്യുമായി ചെയ്യാനുള്ള സാധ്യത എന്തായിരുന്നു അവിടുന്ന് സ്വന്തം ഇഷ്ടം ചെയ്തിരുന്നെങ്കിൽ പാപമാകുമായിരുന്നു എന്നാൽ പരീക്ഷയുടെ രംഗങ്ങളിലെല്ലാം യേശു എന്ത് ചെയ്തു നോട്ട് മൈവിൽ എൻ്റെ ഇഷ്ടമല്ല പിതാവേ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അതുകൊണ്ട് ഒരിക്കൽ പോലും അവിടുന്ന് ആ പാപത്തിൽ വീണില്ല പാപത്തിൽ വീണില്ല എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷ നമ്മുടേതുപോലെ തന്നെ യാഥാർത്ഥ്യമായിരുന്നു അല്ലാതെ അത് കേവലം ഒരു പ്രഹസനമായിരുന്നില്ല ഈ ഒരു കാര്യം കണ്ടു കഴിയുമ്പോൾ നമുക്ക് തുല്യമായിട്ട് കർത്താവ് പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവിടുന്ന് പാപം ചെയ്തില്ലല്ലോ അങ്ങനെയെങ്കിൽ എനിക്കും പാപം ചെയ്യാതെ എൻ്റെ ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് ദൈവേഷ്ടം ചെയ്ത് എനിക്ക് ജീവിക്കാനൊക്കും എന്നൊരു വെല്ലുവിളി കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും ആ വെല്ലുവിളിയുടെ ഒരു കർത്താവ് ജഡത്തിൽ വന്നു നമുക്ക് തുല്യമായിട്ട് ജഡത്തിൽ വന്നു എന്ന സത്യം കാണുമ്പോൾ നമുക്ക് ആ ഈ ഒരു സാധ്യതയാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നത്തെ ക്രിസ്തീയ കോളത്തിൽ പലരും ഈ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്നില്ല അതുകൊണ്ട് എന്തു പറ്റുന്നു അവരിൽ പലരുടെയും ജീവിതം പാപത്തിൽ വീണു മെഴുന്നേറ്റും വീണു എഴുന്നേറ്റും അങ്ങനെയൊക്കെ നിരാശപ്പെട്ട ഒരു ജീവിതമായിട്ട് മാറുന്നു പ്രിയപ്പെട്ടവരെ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം ജീവിക്കാനായിട്ടാണ് അതിന് നമുക്ക് മാതൃക നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തുല്യമായിട്ട് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എങ്കിലും അവിടുന്ന് പാപം ചെയ്തില്ല കർത്താവ് നമുക്ക് അങ്ങനെ ഒരു മാതൃക കാണിച്ചു തന്നിരിക്കുമ്പോൾ നമുക്കും നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ താഴ്ത്തി വെച്ച് ജീവിതത്തിൽ പരീക്ഷ വരുന്ന ഓരോ രംഗത്തും ദൈവ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ ഈ കാര്യത്തിൽ ശക്തീകരിക്കും പ്രിയപ്പെട്ടവര് നമ്മൾ പറഞ്ഞത് കർത്താവായി യേശു ക്രിസ്തു പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടെങ്കിലും അവിടുന്ന് ഒരിക്കൽ പോലും പാപം ചെയ്തില്ല അങ്ങനെ നമുക്ക് മാതൃകയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് എബ്രാഹർ രണ്ടാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ നമ്മെപ്പോലെ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ നാം പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മെ സഹായിപ്പാനും സഹതാപം കാണിപ്പാനും അവിടത്തേക്ക് കഴിയും പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ശക്തിയും ആശ്വാസവും നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന ആ നിലയിലെ മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് തരുന്ന ആ ശക്തിയും ആശ്വാസവും നമ്മൾ കൈയാളി നമുക്കും കർത്താവിനെ മാതൃകയാക്കി നമുക്ക് പോകാനായിട്ട് കഴിയും ഇവിടെ കർത്താവ് കേവലം ഒരു രൂപക്കൂട്ടിലിരിക്കുന്ന ഒരാളെപ്പോലല്ല നമുക്ക് തുല്യമായിട്ട് നമ്മൾ ഫെബ്രുവരി രണ്ടിൻ്റെ പതിനേഴിൽ വായിച്ചത് അവൻ നമ്മെപ്പോലെ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചു അതുകൊണ്ട് ഈ നമ്മൾ കടന്നു പോകുന്ന ഈ കഷ്ടങ്ങൾ തനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യമല്ല അതുകൊണ്ട് നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മളോട് സഹതാപം കാണിപ്പാൻ അവിടത്തേക്ക് കഴിയും നമ്മെ സഹായിപ്പാൻ അവിടത്തേക്ക് കഴിയും കർത്താവ് ആ പരീക്ഷയുടെ സന്ദർഭത്തിൽ നമുക്ക് ശക്തിയും ആശ്വാസവും നമുക്ക് നൽകും ഈ ഒരു കാര്യം ആ കർത്താവ് നമുക്ക് മുന്നോടിയാണ് അവിടുന്ന് നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന കാര്യം കണ്ടാൽ മാത്രമേ കർത്താവ് നമ്മൾ പരീക്ഷയുടെ രംഗത്തിൽ രംഗങ്ങളിൽ നമുക്ക് കർത്താവിനെ മാതൃകയാക്കി കർത്താവിൽ നിന്ന് ഈ ശക്തിയും ആശ്വാസവും നമുക്ക് പ്രാപിപ്പാനായിട്ട് കഴിയുള്ളൂ ഇന്നത്തെ ക്രിസ്തീയ ലോകം പലരും ഈ ഒരു വസ്തുത എന്തോ തെറ്റായ പഠിപ്പിക്കലാണ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്തീയ ലോകത്ത് വളരെ പ്രശസ്തനായ എല്ലാവരും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ദൈവഭൃത്യൻ ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് തൻ്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് തൻ്റെ ടോസറിൻ്റെ എ ഡബ്ല്യു ടോസറിൻ്റെ ദുരന്തം എന്ന് പറയുന്ന ആ പുസ്തകം ഏഹ് സഫയിലെ വരങ്ങൾ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ഏഴാമത്തെ അധ്യായത്തിൽ നിന്ന് ഒരു കൊട്ടേഷൻ ഒരു ഉദ്ധരണി ഞാൻ വായിക്കാം എ ഡബ്ല്യു ടോസർ എന്ന് പറയുന്ന ദൈവഹൃത്യൻ കർത്താവായ യേശു നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു എന്ന കാര്യം വ്യക്തമാക്കാനായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന തൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യങ്ങളാണ് ചില വാക്കുകളാണ് ചില സെൻറ്റൻസുകളാണ് ഞാനിവിടെ വായിക്കുന്നത് ടോസറിൻ്റെ വാക്കുകൾ കേൾക്കുക ഏതെങ്കിലും വ്യക്തിയെ പാപം ചെയ്യാനുള്ള സാധ്യതയിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെങ്കിൽ അവനെ അല്ലെങ്കിൽ അവൾക്ക് കട്ടകളും ചക്രങ്ങളും ബട്ടണുകളും കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു റോബോട്ടാകാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്താ പറഞ്ഞത് മനസ്സിലായോ അതായത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ആ നിലയിൽ പരീക്ഷ അവൻ പാപം ചെയ്യാതെ പാപം ചെയ്യാനുള്ള സാധ്യത അവനിന്ന് മാറ്റിക്കളയണെങ്കിൽ അവൻ എന്തായിത്തീരും അവനൊരു കട്ടകളും ചക്രങ്ങളും ബട്ടണും കൊണ്ടൊ പ്രവർത്തിക്കുന്ന ഒരു യന്ത്ര ഒരു റോബോട്ട് മാത്രമായിരിക്കും കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ഒരു റോബോട്ടായിരുന്നില്ലല്ലോ ഈ കാര്യമാണ് ടോസർ പറയുന്നത് തുടർന്ന് കേൾക്കുക തിന്മ ചെയ്യുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി അതേ നിലയിൽ തന്നെ നന്മ ചെയ്യുവാനും ധാർമ്മികമായി കഴിവില്ലാത്ത ഒരാളായിരിക്കും മനുഷ്യൻ്റെ സ്വതന്ത്ര ഇച്ഛ ധാർമ്മികതയ്ക്ക് ധാർമ്മികത എന്ന ആശയത്തിന് അനിവാര്യമായ ഘടകമാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവിടുന്ന് ഒരു സ്വതന്ത്ര ഇച്ഛയോടെയാണ് വന്നത് തനിക്ക് ഒന്നുകിൽ ആ കാര്യത്തിൽ സ്വന്തം ഇഷ്ടം ചെയ്യാം അല്ലെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാം പക്ഷേ എപ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു പക്ഷെ തനിക്ക് താനൊരു റോബോട്ടല്ലായിരുന്നു ഒരു യന്ത്രമനുഷ്യനല്ലായിരുന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യത്തക്കവണ്ണം അങ്ങനെ ട്യൂൺ ചെയ്ത് വച്ചിരുന്ന അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരുന്ന ഒരു റോബോട്ടായിട്ടല്ല യേശു ഈ ഭൂമിയിൽ വന്നത് അവിടെ നിന്ന് ചെയ്തു അവിടത്തേക്കൊരു സ്വതന്ത്ര ഇച്ഛ ഉണ്ടായിരുന്നു തനിക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ ഉള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു ഈ കാര്യം കാണിച്ചിട്ട് ഈ കാര്യം പറഞ്ഞിട്ട് എ ടോസർ പറയുകയാണ് തിന്മ ചെയ്യുവാൻ കഴിവില്ലാത്ത ഒരു വ്യക്തി അതേ നിലയിൽ തന്നെ നന്മ ചെയ്യുവാനും ധാർമ്മികമായി കഴിവില്ലാത്ത ഒരാളായിരിക്കും മനുഷ്യൻ്റെ സ്വതന്ത്ര ധാർമികത എന്ന ആശയത്തിന് അനിവാര്യമായ ഘടകമാണ് ഇദ്ദേഹം ടോസറെ തുടർന്നും പറയുന്നു ഈ കാരണത്താലാണ് നമ്മുടെ കർത്താവായി യേശു പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല എന്ന ആശയം എനിക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് അവനെ പാപം ചെയ്യാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ മരുഷ മരുഭൂമിയിൽ യേശു പരീക്ഷിക്കപ്പെട്ടത് വെറും ഒരു പ്രഹസനമാകുമായിരുന്നു ദൈവം ആ പ്രഹസനത്തിന് കൂട്ടാളിയായി നിന്നു എന്നും വരുമായിരുന്നു എന്നാൽ അങ്ങനെയല്ല ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ അവിടുത്തേക്ക് പാപം ചെയ്യാമായിരുന്നു പാപം ചെയ്യാന്ന് വെച്ചാൽ സ്വന്തം ഇഷ്ടം ചെയ്യാം സ്വന്തം ഇഷ്ടം ചെയ്യാമായിരുന്നു എന്നാൽ അവിടുന്ന് പാപം ചെയ്തില്ല എന്ന വസ്തുത തന്നെ ഒരു വിശുദ്ധ മനുഷ്യനായി അടയാളപ്പെടുത്തി കണ്ടോ അതായത് ഒരു സ്വന്തം ഇഷ്ടം ചെയ്തിരുന്നെങ്കിൽ അത് പാപമാകുമായിരുന്നു യേശു ഒരിക്കലും സ്വന്തം ഇഷ്ടം ചെയ്തില്ല അങ്ങനെ അവിടുന്ന് ബോധപൂർവം അവിടുന്ന് ഒരു മനുഷ്യൻ നിലയിൽ അവിടത്തേക്ക് സ്വന്തം ഇഷ്ടം ചെയ്യാമായിരുന്നു എങ്കിലും അവിടുന്ന് ആ സ്വന്തം ഇഷ്ടം ചെയ്യാതെ നിന്നു എന്ന വസ്തുത കൊണ്ടാണ് ഒരു വിശുദ്ധ മനുഷ്യനായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടത് പാവം ചെയ്യാൻ കഴിവില്ലാത്തതല്ല മറിച്ച് പാവം ചെയ്യാൻ ആഗ്രഹമില്ലാത്തതാണ് ഒരു മനുഷ്യനെ വിശുദ്ധനാക്കുന്നത് ഒരു വിശുദ്ധൻ എന്ന് പറയുന്നു എന്ന് പാവം ചെയ്യാൻ കഴിയാത്തവനല്ല പാവം ചെയ്യാൻ അവസരമുണ്ടായിട്ടും അത് ചെയ്യാത്തവനാണ് ഒരു സത്യസന്ധനായ വ്യക്തി എന്ന് പറയുന്നത് സംസാരിക്കാൻ കഴിയാത്തവനല്ല സംസാരിക്കാൻ കഴിവുണ്ട് കളവു പറയാൻ കഴിവുണ്ട് എന്നിട്ടും കളവു പറയാത്തവനാണ് സത്യസന്ധനായ വ്യക്തി വിശ്വസ്ഥനായ വ്യക്തി എന്ന് പറയുന്നത് ജയിലിലായിരിക്കുന്നതിനാൽ അവിശ്വസ്ത കാണിക്കാൻ കഴിയാത്തവനല്ല മറിച്ച് അവിശ്വസ്തനാവാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും ബോധപൂർവം വിശ്വസ്തനായി തന്നെ തുടരുന്നവനാണ് യഥാർത്ഥ വിശ്വസ്തൻ ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞത് എ ഡബ്ല്യു ടോസറിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് എ ഡബ്ല്യു ടോസർ എന്തായി പറഞ്ഞു വന്നത് യേശു യേശുവിന് ഒരു സ്വതന്ത്ര ഇഷ അല്ലാതെ അവിടുന്ന് യന്ത്രമനുഷ്യനായിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്നത് പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ പ്രോഗ്രാം ചെയ്തു വെച്ച ഒരു റോബോട്ടായിട്ടല്ല യേശു ഈ ഭൂമിയിൽ വന്നത് മറിച്ച് സന് തനിക്കൊരു സ്വന്തം ഇഷ്ടം ചെയ്യാനുള്ള ആ നിലയിലുള്ള ഒരു സ്വതന്ത്ര ഇച്ഛ യേശുവിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗസവനത്തോട്ടത്തിലെ ആ നിലവിളിയിൽ നമ്മൾ കാണുന്നത് കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങി പോകണമേ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്ന് പറയുന്നിടത്ത് യേശുവിനൊരു സ്വതന്ത്ര ഇച്ഛ എന്നുള്ളതാണ് വ്യക്തമാകുന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഈ കാര്യം എന്തുകൊണ്ടാ നമ്മൾ ഇത്രത്തോളം യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലെ യേശുവിനെ സ്വതന്ത്രയിച്ച് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത്രത്തോളം പറയുന്നത് എന്തിനു വേണ്ടിയാണ് തീർച്ചയായും ദൈവവചനത്തില് പറഞ്ഞിട്ടുള്ള എല്ലാ സത്യങ്ങളോടും നമ്മൾ ചേർന്ന് നിൽക്കണം അത് നമുക്ക് സഹായകരമാകും നമ്മളും പരീക്ഷിക്കപ്പെടുമ്പോ നമുക്കത് അത് നമുക്ക് ശക്തി ആശ്വാസം തരും യേശു നമ്മളോട് സഹതപിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്ക് തരും യേശുവിനോട് താതാല്മ്യപ്പെടാൻ നമ്മളെ സഹായിക്കും എന്നുള്ള കാര്യം കൊണ്ടാണ് ഈ സത്യത്തെ നമ്മൾ ഇത്രയേറെ ഉദ്ഘോഷിക്കുന്നത് മാർട്ടൻ ലൂഥർ എന്ന് പറഞ്ഞ ദൈവഭൃത്യൻ ഒരിക്കലെ ഇങ്ങനെ പറഞ്ഞു ദൈവീക മാർട്ടൻ ലൂഥറിന്റെ വാക്ക് ദൈവീക സത്യത്തിൻ്റെ എല്ലാ വശങ്ങളും വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഞാൻ അവകാശപ്പെടുമ്പോഴും പിശാജ് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക സത്യത്തെക്കുറിച്ച് ഞാൻ മൗനം പാലിക്കുകയാണെങ്കിൽ ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ ഏറ്റു പറയുന്നില്ല മാർട്ടിൻ ലൂഥർ പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് യേശു നമുക്ക് തുല്യമായി വന്നു എന്നുള്ളത് നമ്മൾ തർപ്പിച്ചു പറയുമ്പോൾ പിശാജ് ആ സത്യത്തെ ആക്രമിക്കും നമ്മളെ തെറ്റിദ്ധരിക്കും പക്ഷെ ആളുകളെ ഭയപ്പെട്ട് പിശാജ് ആക്രമിക്കാൻ സാധ്യതയുള്ള ഒരു പ്രത്യേക കാര്യത്തെ നമ്മൾ മൗനം പാലിക്കുകയാണെങ്കിൽ സത്യത്തിൽ ക്രിസ്തുവിൻ്റെ ഏറ്റു പറയുന്നില്ല ബൈബിളിലെ എല്ലാ സത്യങ്ങളോടും ചേർന്ന് നിൽക്കുന്നില്ല എന്നാണ് മാർട്ടിൻ ലൂതറിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവര് നമ്മൾ ക്രിസ്തു ജഡത്തിൽ വന്നു എന്നുള്ള കാര്യം നമ്മൾ ഊന്നി പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ വില കുറച്ച് കാണിപ്പാനല്ല മറിച്ച് കർത്താവ് നമുക്ക് മുന്നോടിയാണ് നമുക്ക് മാതൃകയാണ് നമുക്കും സ്വന്തം ഇഷ്ടത്തെ എപ്പോഴും ദൈവേഷ്ടത്തിനായിട്ട് താഴ്ത്തി വെച്ച് അങ്ങനെ വിജയകരമായി ജീവിക്കാൻ കർത്താവ് നമുക്കൊരു മാതൃകയാണ് എന്നുള്ള കാര്യം അത് വ്യക്തമാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സത്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത് യേശു നമുക്ക് മാതൃകയും മുന്നോടിയുമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ യേശുവിനെ നമ്മളെ ഈ ജീവിതത്തിൽ പിന്തുടരേണ്ട ഏഴ് മേഖലകൾ വളരെ വേഗത്തിൽ നമുക്ക് അക്കമിട്ട് ഒന്ന് പറഞ്ഞു പറയാം യേശു നമുക്ക് കാണിച്ചു തന്നതെന്താ തൻ്റെ ജീവിതത്തിൽ താന് കൈയാളിയിരുന്ന ആ നിലയിലുള്ള ആ സത്യങ്ങളെല്ലാം നമുക്കും അതുപോലെ തന്നെ കയ്യാളി നമ്മുടെ ജീവിതത്തെ പിതാവിന് ഇഷ്ടകരമായ ഒരു ജീവിതമാക്കി തീർക്കാൻ കഴിയും എന്നാണ് അപ്പം യേശുവിൻ്റെ ജീവിതത്തിൽ അക്കമിട്ട് പറയാവുന്ന ഏഴ് കാര്യങ്ങളെങ്കിലും നമുക്കും പിൻപറ്റാവുന്ന ഗുണങ്ങളാണ് ഒന്നാമതായിട്ട് യേശു താൻ ചെയ്ത എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ചു യോഹനൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ ഈ കാര്യം വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട് അവിടുന്ന് ചെയ്ത എല്ലാ കാര്യത്തിലും അവിടുന്ന് പിതാവിൻ്റെ മുഖത്തിന് മുൻപാകെ മാത്രമാണ് ജീവിച്ചത് ദൈവത്തിൻ്റെ മഹത്വമാണ് അല്ലാതെ മനുഷ്യന് തന്നെക്കുറിച്ച് എന്തു പറയും ഈ കാര്യങ്ങളെ താന് പരിഗണിച്ചതേയില്ല ദൈവത്തിൻ്റെ മഹത്വമാണ് താൻ എല്ലാ കാര്യത്തിലും അന്വേഷിച്ചത് യോഹനാൻ ഏഴിൻ്റെ പതിനെട്ട് തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു നീതികേട് അവനിലില്ല നമ്മളെ യോഹനാൻ്റെ സുശേഷം ഏഴാമധ്യായം പതിനെട്ടാമത്തെ വാക്യം കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേർ നമുക്കും അങ്ങനെ തന്നെ ആയിരിക്കാനായിട്ട് കഴിയും മറ്റു ഉള്ള ആളുകളെ പ്രസാദിപ്പിക്കാനല്ല നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം യേശു പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് മാത്രം തൻ്റെ ജീവിതത്തെ അങ്ങനെ കണ്ടതുപോലെ നമുക്കും എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിച്ച് ജീവിക്കാനായിട്ട് കഴിയും ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിൽ നമ്മൾ പിന്തുടരേണ്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത് യേശുവിൻ്റെ ജീവിതത്തിലുള്ള നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത അവിടുന്ന് തൻ്റെ സഭയ്ക്ക് വേണ്ടി കർത്താവ് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചു സഭയുടെ അടിസ്ഥാനം ഇടാൻ വന്നപ്പോൾ ഒരു ചെറിയ കാര്യം പോലും അവിടുന്ന് തനിക്കായിട്ട് തന്നെ പിടിച്ചു വച്ചില്ല എഫ് എസ് വാക്യമാണ് നമ്മളിവിടെ ഇവിടെ ശ്രദ്ധേയം കർത്താവ് തൻ്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി തന്നെത്താൻ നൽകി അത്രമാത്രം അവിടുന്ന് അവളെ സ്നേഹിച്ചു എന്നാണ് ഫേസിർ അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് ലിവിങ് ബൈബിളിൽ പറയുന്നത് അതിൻ്റെ കർത്താവിൻ്റെ കുറിച്ച് യശയാവ് അമ്പത്തി മൂന്നിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ മെസ്സേജ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവൻ സ്വന്തം ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാതെ മരണം വരിച്ചു യശയ്യാവ് അമ്പത്തി മൂന്നിൻ്റെ എട്ട് യേശു നോക്കുക ജീവിതത്തിലെ മരണത്തിലൊക്കെയും അവിടുന്ന് സ്വന്തം ക്ഷേമം സ്വന്തം കാര്യമല്ല തനിക്ക് പിതാവ് തന്ന ആ മണവാട്ടി ആ സഭ അതിനു വേണ്ടി താന് ത്യാഗപൂർണമായിട്ട് ജീവിച്ചു ഈ മേഖലയിലും നമ്മൾ കർത്താവിനെ പിൻപറ്റുന്നവരായിരിക്കണം മൂന്നാമതായിട്ട് കർത്താവ് ചെയ്തത് നമ്മുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു വന്ന് അവിടുന്ന് പൂർണമായും നമ്മോട് താതാത്മ്യം പ്രാപിച്ചു ദൈവപുത്രനായിരുന്നെങ്കിൽ പോലും നമ്മെ സഹായിക്കാനായി കഷ്ടതയിലൂടെ അനുസരണം പഠിക്കുന്ന ആ വിദ്യാഭ്യാസം യേശു തേടി എന്നാണ് എം പ്രായർ രണ്ടിൻ്റെ നമ്മളോട് വ്യക്തമാക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കും നമ്മുടെ ശോധനകളിൽ നാം കഷ്ടം പഠിക്കുവാൻ സഹിക്കുവാനും അനുസരണം പഠിക്കാനും താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയില്ല നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്ന വെറും പ്രസംഗർ മാത്രമായിരിക്കാനായിട്ടല്ല മറിച്ച് നമുക്ക് നമ്മുടെ സഹോദരീ സഹന്മാർക്ക് കർത്താവിനെപ്പോലെ ചെറിയ തോതിലെങ്കിലും മുന്നോടികളായിട്ട് ജീവിക്കാനായിട്ടാണ് ഇവിടെ കണ്ടോ കർത്താവ് മനുഷ്യരുടെ ദുഃഖങ്ങളിലേക്ക് താതാല്മ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ താൻ കഷ്ടങ്ങളെ ഒഴിഞ്ഞു പോയില്ല നമുക്കും ഇതൊരു വെല്ലുവിളിയാണ് നമ്മളും അങ്ങനെ കഷ്ടങ്ങളെ ഒഴിഞ്ഞു പോകാതെ ദൈവം നമുക്ക് തരുന്ന കഷ്ടങ്ങളെ ഏറ്റെടുത്ത് മറ്റ് ദൈവം നമുക്ക് തന്നിട്ടുള്ള ആളുകളെ സ്നേഹിച്ച് മുന്നോട്ട് പോകുന്ന കാര്യം കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താവുന്ന മൂന്നാമത്തെ കാര്യമാണ് നാലാമതായി യേശുവിൻ്റെ ജീവിതത്തിലുള്ളത് യേശു തൻ്റെ ശിഷ്യന്മാരെ പൂർണമായി തൻ്റെ ഹൃദയത്തിൽ വഹിച്ചു അവിടുന്ന് അവരുടെ നന്മയായിരുന്നു എപ്പോഴും അന്വേഷിച്ചിരുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ എപ്പോഴും ഹൃദയത്തിൽ വഹിച്ചു ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് തൻ്റെ ശിഷ്യന്മാരോട് ഒരു ദാസന്റെ മനോഭാവമായിരുന്നു യേശുവിന് എപ്പോഴും ഉണ്ടായിരുന്നത് അവിടുന്ന് അവരുടെ കാല് കഴുകിയ രംഗമൊക്കെ നമുക്കറിയാമല്ലോ അതുപോലെ രണ്ടാമത് അവർക്ക് പ്രയോജനമായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് അവരെ എപ്പോഴും ഉത്ബോധിപ്പിച്ചു അത് കടുപ്പമേറിയ കാര്യമായാലും ശാസനയായാലും എല്ലാം അവിടുന്ന് മുഖം നോക്കാതെ അവരെ ഉത്ബോധിപ്പിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് തൽപരനായിരുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് നാലാമതായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ ഹൃദയത്തിൽ പൂർണ്ണമായിട്ട് വഹിച്ചു അതിൻ്റെ ഭാഗമായിട്ട് യേശുവിന് അവരോടുണ്ടായിരുന്നത് ഒരു ദാസൻ്റെ മനോഭാവമായിരുന്നു അത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് അതിനോട് ചേർത്ത് പറഞ്ഞത് അവർക്ക് പ്രയോജനമായിരുന്ന കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് മറച്ചു വയ്ക്കാതെ കർശനമായ കാര്യങ്ങളും പ്രയോജനമുള്ള കാര്യങ്ങളും എപ്പോഴും അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മളും ആ നിലയിലായിരിക്കണം അഞ്ചാമതായിട്ട് യേശു ആദ്യം ജീവിച്ചു അതിനു ശേഷം മാത്രം ഉപദേശിച്ചു ഇതും കർത്താവായ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് യേശു താൻ തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാത്ത ഒരു കാര്യം പോലും ചെയ്യാൻ മറ്റുള്ളവരോട് പറഞ്ഞില്ല അവിടുന്ന് ഒന്നാമതത് സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി അതിന് ശേഷമാണ് മറ്റുള്ളവരെ ഉപദേശിച്ചത് ഉദാഹരണത്തിന് ഗിരിപ്രഭാഷണം മറ്റായി സുവിശേഷം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള അധ്യായങ്ങൾ ആ പ്രസംഗമെന്ന് പറയുന്നത് അവിടുന്ന് തലേ തയ്യാറാക്കിയ ഒരു പ്രസംഗമായിരുന്നില്ല മറിച്ച് അവിടുന്ന് മുപ്പത് വർഷം അവിടെ എങ്ങനെ ജീവിച്ചോ അതിൻ്റെ അനന്തര ഫലമായിരുന്നു ആ പ്രഭാഷണം കണ്ടോ കർത്താവ് സ്വന്തം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാത്ത ഒന്നും മറ്റാരെയും ഉപദേശിച്ചില്ല നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത് ഈ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കണം രണ്ടാമതാണ് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടത് ഇതും കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് അഞ്ചാമതായിട്ട് നമുക്ക് എടുക്കാവുന്ന ഒരു മാതൃകയാണ് ആറാമതായിട്ട് യേശു ഒരു കാര്യവും സ്വയമായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ചില്ല അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളിൽ പോലും മറ്റുള്ളവരെ താന് സഹകരിപ്പിക്കുമായിരുന്നു ഉദാഹരണം നമുക്ക് പല പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് കാനാവിലെ കല്യാണം കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് വിളമ്പിയപ്പോൾ അതിൽ വെള്ളം കോരി നിറയ്ക്കാനായിട്ട് മറ്റുള്ളവരെ കർത്താവ് സഹകരിപ്പിച്ചു തനിക്ക് വെള്ളത്തെ വീഞ്ഞാക്കാമായിരുന്നെങ്കിൽ ആ പാത്രത്തിൽ നിറയെ വെള്ളം നിറയ്ക്കാനും തനിക്ക് കഴിയുമായിരുന്നു പക്ഷേ കർത്താവ് മറ്റുള്ളവരെ കൂടെ അതിൽ സഹകരിപ്പിച്ചു താൻ തന്നെ എല്ലാ കാര്യവും സ്വയമായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കാതെ കഴിയുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിക്കുമായിരുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച അവിടെയും കർത്താവ് മറ്റു പലരെയും കൂടെ അതിൽ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ പോലും കർത്താവ് എന്ത് ചെയ്തു കല്ലുരുട്ടി മാറ്റാൻ മറ്റുള്ളവരോട് പറഞ്ഞു പ്രിയപ്പെട്ടവര് നമ്മുടെ ജീവിതത്തിലും എല്ലാം നമ്മൾ തന്നെ ചെയ്യണം എല്ലാത്തിലും ഞാൻ തന്നെ മുമ്പിൽ നിൽക്കണം എന്ന് വിചാരിക്കാതെ മറ്റ് നമ്മുടെ കൂടെ ഉള്ള ആളുകളെ കൂടെ സഹകരിപ്പിക്കുന്ന ഒരു മനോഭാവം ആറാമതായിട്ട് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് കഴിയും ഏഴാമതായിട്ട് യേശു എപ്പോഴും ആ ജീവിതത്തിൽ തുടർമാനമായിട്ട് പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൽ തന്നെ കൊണ്ട് നടന്നുകൊണ്ടിരുന്നു നമ്മുടെ ശുശ്രൂഷ ഫലപ്രദമായി തീരണമെങ്കിൽ നമ്മളും യേശുവിനെ പോലെ തീഷ്ണതയോടെ പ്രാർത്ഥനയിൽ ദൈവത്തെ അന്വേഷിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് ഏഴാമത്തെ കാര്യം നമ്മളെ കർത്താവായ യേശു ജീവിതത്തിൽ നിന്ന് ഏഴ് കാര്യങ്ങളാണ് നമ്മൾ അക്കമിട്ട വളരെ വേഗത്തിൽ പറഞ്ഞത് ഒന്നാമതായിട്ട് യേശു താൻ ചെയ്ത എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ പിതാവിൻ്റെ മഹത്വം മാത്രം അവിടുന്ന് അവിടുന്ന് ആ കാര്യം മാത്രമാണ് അന്വേഷിച്ചത് രണ്ടാമതായിട്ട് തൻ്റെ സഭയ്ക്ക് വേണ്ടി താന് മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചു മൂന്നാമതായിട്ട് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ കർത്താവ് താതാൽമ്യപ്പെട്ടു കഷ്ടതകളെയും അല്ലെങ്കിൽ പ്രയാസങ്ങളെയും കർത്താവ് ഭയപ്പെട്ടില്ല അതിനെ ഒഴിഞ്ഞു പോയില്ല ശോധനകളെ നാലാമതായിട്ട് യേശു തൻ്റെ ശിഷ്യന്മാരെ പൂർണമായിട്ട് ഹൃദയങ്ങളിൽ വഹിച്ചു അതിൻ്റെ ഫലമായിട്ട് ഒരു ദാസൻ്റെ മനോഭാവം സൂക്ഷിച്ചു അവർക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ എപ്പോഴും അവരെ ഉത്ബോധിപ്പിച്ചു നമ്മൾ തുടർന്ന് നമ്മൾ അഞ്ചാമതായിട്ട് യേശുവിൻ്റെ കാര്യം പറഞ്ഞത് യേശു ആദ്യം ജീവിച്ചു അതിന് ശേഷം മാത്രം ഉപദേശിച്ചു ആറാമതായിട്ട് യേശു താൻ ചെയ്ത പല കാര്യങ്ങളിലും മറ്റുള്ളവരെ കൂടെ സഹകരിപ്പിച്ചു ഒടുവിലായിട്ട് നമ്മൾ ഏഴാമതായിട്ട് യേശു നിരന്തരം ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളവനായിരുന്നു പിതാവുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുന്നവനായിരുന്നു ഇതും നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് മാതൃകയാക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞത് കർത്താവ് നമുക്ക് തുല്യമായിട്ട് ഈ ഭൂമിയിൽ വന്നെന്നും അവിടെ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടെന്നും ഒക്കെ പറയുമ്പോൾ അത് നമുക്കും ചില ഉത്തരവാദിത്തങ്ങൾ തരുന്നുണ്ട് എന്താ കർത്താവ് ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കും തരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ഏഴുകൂട്ടം കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പകർത്താം കർത്താവ് നമുക്ക് മാതൃകയാണ് മുന്നോടിയാണ് കർത്താവ് നമുക്ക് മുമ്പിൽ ഓടിയവനാണ് കർത്താവിനെ നമുക്ക് പിന്തുടരാ കർത്താവ് നമ്മളെ സഹായിക്കും നമ്മുടെ ബലഹീനതകളിൽ അവിടുന്ന് സഹതാപം കാണിക്കും കാര്യം അവിടുന്നും പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ ആ പരീക്ഷിക്കപ്പെടുന്നവരോട് സഹതാപം കാണിപ്പാൻ അവിടത്തേക്ക് കഴിയും നമുക്ക് കർത്താവിനോട് കൂടുതൽ താതാല്മ്യപ്പെട്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവ് നമ്മെ സഹായിക്കും കർത്താവ് നമുക്ക് ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ അതിന് കർത്താവിൻ്റെയും മനുഷ്യാവതാരത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ധ്യാനിച്ചത് നമുക്ക് പ്രയോജനമായിരുന്നു എന്ന് കരുതുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ